അതിനാൽ അവരിലെ ഒരു വിഭാഗത്തിന്റെ അടുത്തേക്ക് അള്ളാഹു സുബഹാനുഹുവ ചായാല നിങ്ങളെ തിരിച്ചെത്തിക്കുകയും പുറത്തു പോകാൻ അവർ നിങ്ങളോടനുവാദം ചോദിക്കുകയും ചെയ്താൽ പറയുക നിങ്ങൾ ഒരിക്കലും എൻറെ കൂടെ പുറപ്പെടുകയില്ല എന്റെ കൂടെ ഒരു ശത്രുവിനോടും നിങ്ങൾ യുദ്ധം ചെയ്യുകയുമില്ല ആദ്യ തവണ തന്നെ മാറി നിൽക്കുന്നതിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടുവല്ലോ അതിനാൽ മാറി നിന്നവരോടൊപ്പം നിങ്ങളും മാറി നിൽക്കുക